പറയുക നിങ്ങളൊന്നു ചിന്തിക്കൂ അള്ളാഹു സുബഹാനുഹൂവ ചായാല നിങ്ങളുടെ കേൾവിയും കാഴ്ചയും എടുത്തുമാറ്റുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുദ്രവെക്കുകയും ചെയ്താൽ അള്ളാഹുസുബഹാനുഹൂവ ചായാലയല്ലാത്ത ഏത് ദൈവമാണ് അത് നിങ്ങൾക്ക് തിരിച്ചു നാം ദൃഷ്ടാന്തങ്ങളെ എങ്ങനെ വിവരിക്കുന്നു എന്ന് നോക്കൂ എന്നിട്ടും അവർ മുഖം തിരിച്ചു കൊണ്ടിരിക്കുന്നു